ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മളെ വെള്ളിയാഴ്ചകളിൽ കൂടുമ്പോൾ കൂരൊരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലെ വാക്യത്തെ തുടർന്ന് നമ്മൾ ബൈബിളിലെ കാണുന്ന പലതരത്തിലുള്ള താഴ്വരകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നല്ലോ ആഘോർ താഴ്വരയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ബാഖ താഴ്വരയെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന അയ്യാലോൻ താഴ്വര അതിനെക്കുറിച്ച് നമുക്ക് അല്പനേരം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം ഈ അയ്യാലോൻ താഴ്വര എന്ന യോശിയുടെ പുസ്തകം പത്താമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപത്തെട്ടിൻ്റെ പതിനെട്ടിൽ വരുമ്പോൾ അതിനെ ഒരു പട്ടണം എന്നുള്ള നിലയിലും പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവിടെ പലസ്തീനിലെ ഒരു താഴ്വരയാണ് ആ താഴ്വര ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വളരെ നമ്മളൊരുപക്ഷേ ഇതേ വരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത മട്ടിൽ വളരെ നിർണായകമായ ഒരു രംഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കാൻ സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയോളം സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് നമ്മൾ യോശയുടെ പുസ്തകത്തിൽ ആ ഭാഗം വായിക്കുമ്പോൾ സാധാരണ നിലയിൽ ശാസ്ത്രത്തിനോ ലോകമനുഷ്യർക്കോ അംഗീകരിക്കാനൊക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത് അതായത് യോഷുവ എന്നൊരാൾ അദ്ദേഹം അവരെ ഇസ്രായേൽ മക്കളെ ശത്രുക്കളെ സംഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ ഇനിയും ആ സംഹാരം നടക്കുകയില്ലല്ലോ എന്ന് ചിന്തിച്ച് താൻ പെട്ടെന്ന് സൂര്യ നീ ആ നിലയിൽ നിശ്ചലമായിട്ട് നിൽക്കുക ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിലും ഇപ്പോഴായിരിക്കുന്ന അയ്യാലോൻ താഴ്വരയുടെ മുകളിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുക എന്ന് ആജ്ഞാപിച്ചു ആജ്ഞാപിച്ചപ്പോൾ യോശുവ പറഞ്ഞതനുസരിച്ച് ദൈവം ഈ സൂര്യനെയും ചന്ദ്രനെയും അവിടെ നിശ്ചലമായിട്ട് നിർത്തി ഇസ്രായേൽ ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യനും ചന്ദ്രനും അവിടെ നിശ്ചലമായിട്ട് നിന്നു യഹോവ അതിൻ്റെ പതിനാലാമത്തെ വാക്യം യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എത്രയോ വലിയ കാര്യമാണ് അവിടെ അയ്യാലോൻ താഴ്വരയിൽ നടന്നത് നമ്മൾ നോക്കുക അവിടെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ യോശയുടെ നേതൃത്വത്തിൽ പലസ്തീനിലെത്തി പലസ്തീനിലെത്തി അവർ പല പട്ടണങ്ങൾ പിടിച്ച് നിർമൂലമാക്കി മുന്നോട്ട് വരുമ്പോൾ യരിശിലേൻ യരിശിലേൻ രാജാവ് എരിശലൈൻ രാജാവിൻ്റെ പേര് അതിൻ്റെ പത്താമത്തെ അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ നോക്കുക ഒന്നാമത്തെ വാക്യങ്ങൾ നോക്കുക എരിശലേം രാജാവായ അദോനി സോദേക് എന്നൊരാള് ഇസ്രായേലിൻ്റെ ഈ ജൈത്രയാത്രയെക്കുറിച്ച് കേട്ടു അവരെ എരിഹോ കീഴടക്കി ഹായി പട്ടണം നിർമൂല ചെയ്തു ഇത് രണ്ടും കണ്ട് ഗിബിയോൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആളുകളെ ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തു അങ്ങനെ ഇസ്രായേൽ മക്കൾ ഒരു ജൈത്രയാത്ര നടത്തി പലസ്തീൻ മുഴുവൻ കീഴടക്കി മുന്നോട്ട് വരും എന്നൊരു ഘട്ടം വന്നപ്പോൾ അന്നത്തെ യരിശലേം എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവായ അധോനി സദേഖ് തൻ്റെ കൂടെ മറ്റ് നാല് രാജാക്കന്മാരെ കൂടെ ചേർത്തു അതിന്റെ പത്താമത്തെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ എറിശലൈൻ രാജാവ് ഹെബ്രോൻ രാജാവ് എർമൂത്ത് രാജാവ് ലാഖീഷ് രാജാവ് എഗ്ലോൻ രാജാവ് എന്നിങ്ങനെ അഞ്ച് അമൂര്യ രാജാക്കന്മാരും എരിശലൈൻ രാജാവ് അഞ്ച് അമൂര്യ രാജാക്കന്മാർ ഒരുമിച്ച് കൂടി അവരുടെ സൈന്യങ്ങളുമായിട്ട് ഇസ്രായേലിൻ്റെ ഈ പടയോട്ടത്തെ ചെറുക്കാനായിട്ട് തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇവിടെ നമ്മൾ ഈ ഭാഗം ഒക്കെ നമ്മൾ പഴയ നിയമത്തിലേത് വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ചരിത്രപരമായ അല്ലെങ്കിൽ ദൈവജനവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല പത്താം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആണ് ബൈബിളിൽ ആദ്യമായിട്ട് എരുശലേം എന്ന വാക്കു വരുന്നത് നമുക്കറിയാം എരിശലേം എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എരിശലേം എരുശ്ലേമിലാണ് ദേവാലയം ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു ഇസ്രായേൽ ചിതറയ്ക്കപ്പെട്ടു എരുശ്ലൈമിന് വേണ്ടിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളിൽ ഈ പോരാട്ടങ്ങളും അതിനെ തുടർന്നുള്ള കാര്യങ്ങളുമാണ് നടക്കുന്നത് എരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം സിറ്റി ഓഫ് പീസ് സമാധാനത്തിൻ്റെ നഗരമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പക്ഷേ നോക്കുക ചരിത്രത്തിൽ ഇതുപോലെ ഒരു നഗരത്തിന് വേണ്ടി ചോര ചൊരിഞ്ഞിട്ടുള്ള വേറൊരു നഗരമില്ല ലോകചരിത്രത്തിൽ ബി സിയിൽ തുടങ്ങി നമുക്കറിയാം നമ്മൾ ആ കാര്യങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനെ തുടങ്ങി അതിന് ശേഷം ഇന്നും ഇന്നും ഇസ്രായേലും അറബ് അറബി രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് കാര്യം എരിശിലയുമാണ് ഇതിന് ശേഷം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം എതിർ വരുമ്പോഴും അവൻ എറിശലേം കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തുന്നത് അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ വരുമ്പോൾ തന്നെ നിത്യ തലസ്ഥാനമായിട്ട് ആക്കുന്നത് അങ്ങനെ എറിശലൈം ബൈബിളിൻ്റെ ഉല്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ വളരെ ഒരു തിളങ്ങുന്ന പേരായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ പേരാദ്യമായിട്ട് വരുന്നത് യോശുവയുടെ പുസ്തകം പത്താമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച എരിശലേം രാജാവായ എന്ന് പറയുന്നിടത്താണ് എന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല സത്യത്തിൽ ഈ എരിശലേം എന്നുള്ള വാക്കിൻ്റെ എരിശലൈമെന്നുള്ള സ്ഥലത്തെക്കുറിച്ച് നേരത്തെ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ശാലീൻ രാജാവായ മൽക്കി സദീഖ് തന്നെ മറ്റൊരു പേരാണ് ശാലീം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ പതിനെട്ടിൽ അബ്രഹാം ശാലേൻ്റെ രാജാവായ മൽക്കി സദീഖിനെ കാണുകയും മൽക്കീ സദീഖിന് ആ നിലയിൽ കാഴ്ചകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു അവിടെ ശാലേൻ്റെ രാജാവ് ശാലേൻ്റെ രാജാവായ മൽക്കി ആ മൽക്കി സദീക്ക് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ശരിക്കും യരിശലേയും എന്ന പേര് ആദ്യമായിട്ട് ദൈവചനത്തിൽ വരുന്ന യോശുവയുടെ പുസ്തകം പത്താമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലാണ് അവിടെ കണ്ടോ ശാലിയൻ രാജാവെന്നുള്ളതിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ എബ്രേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട് നീതിയുടെ രാജാവെന്നാണ് ഇവിടെ എരിസലിൻ രാജാവായ അധോനി എന്ന വാക്കിൻ്റെ അർത്ഥവും ലോഡ് ഓഫ് റൈച്ചുവസ്നെസ് മൽക്കി പേര് കിങ് ഓഫ് റൈച്ച്വസ്നെസ് എന്നായിരുന്നെങ്കിൽ അധോനി എന്ന് പറയുന്ന ഈ രാജാവിൻ്റെ പേരിൻ്റെ അർത്ഥം ലോഡ് ഓഫ് റൈച്ച്വസ്നെസ് എന്നാണത്രേ ചുരുക്കത്തിൽ അവർക്ക് അവിടെ രാജാവായിരുന്ന അവർക്കുണ്ടായിരുന്ന ഒരു സ്ഥാനപ്പേരായിരിക്കും നീതിയുടെ രാജാവ് അല്ലെങ്കിൽ നീതിയുടെ കർത്താവ് എന്നുള്ള പേര് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വളരെ വേഗത്തിൽ പോകാം ഈ അധോനീസക്കും മറ്റ് നാല് അമൂര്യ രാജാക്കന്മാരെയും കൂട്ടി ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ വന്നു അപ്പോൾ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ദൈവം യോശിയോട് പറയുന്നു അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവരിൽ ഒരുത്തനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല എന്നറി ചെയ്തു തുടർന്ന് ഇസ്രായേൽ അവരെ തോൽപ്പിക്കുന്നു ദൈവം തന്നെ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്ച്ച് അവരെ കൊല്ലുന്നതായിട്ടും പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അത് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് യോശുവ സൂര്യ ഗിബയോനിലും ചന്ദ്ര അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു എന്ന് നമ്മളെ വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തോ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ചന്ദ്രൻ അവിടെ നിന്നു ഇതുപോലെ തന്നെ ഇത് ലോകചരിത്രത്തിൽ സൂര്യനും ചന്ദ്രനും ഒരു ദിവസം അവിടെ നിന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയാം സൂര്യനും ചന്ദ്രനുമല്ല അവരല്ല സഞ്ചരിക്കുന്നത് മറിച്ച് ഭൂമിയുടെ കറക്കം കൊണ്ടാണ് ഭൂമിയുടെ കറക്കം കൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് സൂര്യൻ നിശ്ചലമായി നിൽക്കുകയും ഭൂമിയാണ് കറങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആ സമയത്ത് ഭൂമി അതിൻ്റെ ആ അച്ചുതണ്ടിൻമേലുള്ള കറക്കം നിർത്തി ഒരു ദിവസത്തോളം ഭൂമി നിശ്ചലമായിട്ട് നിന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ അതെന്തൊരു അത്ഭുതകരമായ കാര്യമാണ് ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ദൈവം ആ നിലയിൽ നോക്കുക ലോകശക്തികളെ തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളെ തന്നെ നിയന്ത്രിച്ച് സൂര്യനെയും ചന്ദ്രനെയും അവർ നിശ്ചലമായിട്ട് നിൽക്കുന്നത് തോന്നി ഭൂമിയുടെ ഭ്രമണനെന്ന് ഭ്രമണം നിർത്തി ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞു ഇതിൽ നിന്ന് നമുക്കെടുക്കേണ്ട പാഠം ദൈവം എപ്പോഴും തൻ്റെ ജനത്തോടൊപ്പമാണ് തൻ്റെ ജനത്തിന് വേണ്ടി അവിടുന്ന് പൊരുതുന്നു അവർക്കു വേണ്ടി പ്രപഞ്ചശക്തികളെ തന്നെ നിയന്ത്രിക്കുന്നവനാണ് നമ്മുടെ വലിയവനായ ദൈവം ദൈവത്തിൽ നമുക്ക് നമ്മുടെ പ്രത്യാശ വയ്ക്കാം തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രപഞ്ചശക്തികളെ തന്നെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നു എന്ന് നമ്മളിവിടെ വായിച്ച ആ ഭാഗം നമുക്ക് വലിയ ധൈര്യം നൽകേണ്ടതാണ് ഇന്ന് നമ്മൾ കടന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ലോകമനുഷ്യരെ പോലെ നമുക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം വേണ്ട നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വസിക്കാം അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ട് അവിടുന്ന് ചരിത്രത്തിലുടനീളം തൻ്റെ ജനത്തെ സംരക്ഷിക്കാനായിട്ട് അവിടുന്ന് പ്രവർത്തിച്ച ഈ ഭാഗങ്ങളൊക്കെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഭൂമിയുടെ ഭ്രമണം ഒരു ദിവസത്തേക്ക് നിർത്തി എന്ന് വായിക്കുന്നത് തന്നെ വേറെ ഒരു രംഗവും നമ്മൾ രണ്ട് രാജാക്കന്മാരിൽ കാണാനായിട്ട് കഴിയും അവിടെ ഭൂമിയുടെ ഭ്രമണം നിർത്തുകയല്ല ചെയ്തത് മറിച്ച് ആ ഭൂമിയെ പുറകോട്ട് പത്ത് ഡിഗ്രി കറക്കുകയാണ് ചെയ്തത് നമ്മൾ പലപ്പോഴും ഈ രാജാക്കന്മാരുടെ ചരിത്രമൊന്നും പഴയ നിയമത്തിലേന്ന് നമ്മളത്ര ശ്രദ്ധിക്കാറില്ല എന്നാൽ നോക്കുക അതിൻ്റെ ഇരുപതാമത്തെ അധ്യായം രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഹിസ്കിയാവെന്ന് പറയുന്ന ഒരു രാജാവ് ഹിസ്കിയാവെന്ന് പറയുന്ന രാജാവ് താന് മരിച്ചു പോകും അവൻ ദൈവത്തെ അന്വേഷിച്ച ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ് ഹിസ്കിയാവിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പം ഹിസ്കിയാവിൻ്റെ അത്രയും ഏകാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ച യഹൂദ രാജാക്കന്മാർ വളരെ ചുരുക്കം പേരേ ഉള്ളു അതിൻ്റെ രണ്ട് രാജാക്കന്മാർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ഹിസ്കിയാവ് രാജാവായി അവൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു പതിനെട്ടിൻ്റെ നാലാമത്തെ വാക്യം അവനന്ന് ഇസ്രായേൽ മക്കൾ വിഗ്രഹങ്ങളെയൊക്കെ സ്ഥാപിച്ചുണ്ടാക്കിയിരുന്ന പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു അങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടി തീഷ്ണമായിട്ട് നിന്ന ഒരു യഹൂദ രാജാവാണ് ഇസ്രായേൽ രാജാവാണ് ഇസ്കിയാവ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ഇസ്കിയാവ് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ പതിനെട്ടിൻ്റെ നാലിൽ വായിച്ചെടുത്ത് മറ്റാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യം കൂടെ താൻ കാണുന്നു ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ എരിവിൽ എന്ത് ചെയ്തു മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ സർപ്പത്തിൻ്റെ കടിയേറ്റു മരിക്കുന്ന ഒരു രംഗം അന്ന് ദൈവം അവരോട് മോശയോട് പറഞ്ഞു നീ ഒരു താമ്രസർപ്പത്തെ ഒരു പിച്ചിള സർപ്പത്തെ ഉയർത്തുക അതിൽ നോക്കി ഈ ആളുകളെ രക്ഷപ്പെടും എന്നാ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാൽ മോശയുണ്ടാക്കിയ ആ പിച്ചല സർപ്പം താമ്രസർപ്പം ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധനയിൽ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് മോശയുണ്ടാക്കിയതാണ് തങ്ങളെ സർപ്പത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ താമ്രസർപ്പത്തിന് അല്ലെങ്കിൽ ഈ പിച്ചള സർപ്പത്തിനൊരു പേരുമൊക്കെ ഇട്ടു നെഹുഷ്ടാൻ എന്നൊരു പേരുമൊക്കെ ഇട്ട് അതിന് ധൂപം കാട്ടി അങ്ങനെ ഒരു വിഗ്രഹാരാധനയിലേക്ക് വീണ് പോയിരുന്നു അത് ഏത് കാലത്താണ് അവർ മരുഭൂമിയിലൂടെ നടക്കുന്ന കാലത്താണ് മരുഭൂമിയിലൂടെ നടന്ന് അവരതിന് ശേഷം പാലസ്തീനിലെത്തി അവിടെ പല അവിടെ വർഷങ്ങൾ മുന്നോട്ട് പോയി ദാവീദ് രാജാവിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞ് ഇതാ ഹിസ്കിയാവിൻ്റെ കാലത്തായപ്പോഴാണ് ഹിസ്കിയാവ് എന്ത് മനസ്സിലാക്കി ഈ മോശയുടെ താമരസർപ്പത്തിന് ധൂപം കാട്ടുന്നതും വിഗ്രഹാരാധനയാണെന്ന് മനസ്സിലാക്കി അവൻ ആ ആ താമ്രസർപ്പത്തെ ഉടച്ച് കളഞ്ഞു എന്നാണ് വായിക്കുന്നത് നോക്കുക എത്ര ദാവീദിനെ പോലെയൊക്കെ ഉള്ള രാജാക്കന്മാരുണ്ടായിട്ടും അവരാരും ശ്രദ്ധിക്കാഞ്ഞ അല്ലെങ്കിൽ അവരാരും ശ്രദ്ധിച്ചാലും ഒരു അങ്ങനെ ചെയ്യാൻ അവർ തുനിയാഞ്ഞ ഒരു കാര്യം ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്ന് ഹിസ്കിയാവ് ചെയ്തു അങ്ങനെയുള്ള ഒരു വളരെ പൂർണ്ണ മനസ്കനായ ഒരു യഹൂദ രാജാവാണ് ഈ പറഞ്ഞ ഹിസ്കിയാവ് ആ ഹിസ്കിയാവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഭൂമിയുടെ പ്രഭണ ഭ്രമണം ഭൂമിയുടെ കറക്കം പത്തുപടി പുറകോട്ടാക്കുന്ന ഒരു രംഗം നമ്മൾ രണ്ട് രാജാക്കന്മാർ ഇരുപതാമത്തെ അധ്യായത്തിൽ കാണുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപതാമത്തെ അധ്യായത്തിലെ ആ ചരിത്രം ഞാൻ വിശദമായിട്ട് വായിക്കുന്നില്ല ഞാൻ വളരെ വേഗത്തിൽ ഇങ്ങനെ അങ്ങ് പറയാം ഹിസ്കിയാവ് ദൈവത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ചു അവനെ പല രാജാക്കന്മാരെ അശൂർ രാജാവിനെയും തോൽപ്പിച്ച് വളരെ ശക്തനായിട്ട് യഹൂദ ആ രാജ്യത്തിന് വേണ്ടി നിന്ന ആ രാജാവ് അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനഘട്ടമായപ്പോൾ അന്ന് ആ രാജ്യത്തുണ്ടായിരുന്നത് ഏശയ്യ പ്രവാചകനാണ് ഏശയ്യ പ്രവാചകൻ വന്നവനോട് പറഞ്ഞു നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും എന്ന പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് പ്രസാദമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ എൻ്റെ ആയുസ് കൂട്ടിത്തരണം എന്ന പറഞ്ഞു അപ്പോൾ യശയാവിന് ഉടനെ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി നീ മടങ്ങിച്ചെന്ന് ഹിസ്കിയാവിനോട് പറ രാജാവിനോട് പറയാം നിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥന കേട്ടു നിൻ്റെ ആയുസിനോട് ഞാൻ പതിനഞ്ച് സംവത്സരം കൂട്ടിത്തരും പതിനഞ്ച് വർഷം കൂടെ നിൻ്റെ ആയുസ് കൂട്ടിത്തരും എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം എന്ന് ദൈവം പറഞ്ഞ ഈ കാര്യം എശിയാവ് ചെന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് പറയുന്നു ഇത് സംഭവിക്കുമെന്നുള്ളതിന് ദൈവം ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോൾ എസ്കിയാവ് പറഞ്ഞു ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാം സൂര്യകടികാരത്തിലെ നിഴല് പത്തുപടി മുന്നോട്ട് വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ പത്തുപടി പിന്നോട്ടാക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇസ്കിയാവ് പറഞ്ഞു സൂര്യഘടികാരത്തിലെ നിഴല് പത്തുപടി മുന്നോട്ട് പോകുന്നത് എളുപ്പമാകുന്നു അങ്ങനെയല്ല നിഴൽ പത്ത് പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എഷയ്യ പ്രവാചന എഹോവെ വിളിച്ചപേക്ഷിച്ചു അവൻ ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പത്ത് പടി പിന്നോക്കം തിരിയുമാറാക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ചോ എന്താ ഈ നടന്നത് അതായത് ഹിസ്ക്യാവിനോട് പറഞ്ഞു നിൻ്റെ ആയുസ് വർഷം കൂട്ടി തന്നിരിക്കുന്നു അതിനെന്താ അടയാളം എന്താ അപ്പോൾ ഏഷ്യാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ സൂര്യൻ്റെ ആ ഭ്രമണത്തെ കാണിക്കുന്ന നിൻ്റെ സൂര്യഘടികാരമുണ്ടല്ലോ അവിടെ പത്ത് ഡിഗ്രി പെട്ടെന്ന് ഇതിനെ മുന്നോട്ടാക്കാം അപ്പൊ ഇസ്കിയാവ് ബുദ്ധിയുള്ള ആളാണ് ഇസ്കിയാവ് പറഞ്ഞു പത്തുപടി പെട്ടെന്ന് മുന്നോട്ടാകുന്നത് അല്ലെങ്കിൽ ഭൂമിയുടെ പ്രവണം മുന്നോട്ടാക്കുന്നത് ഒരു പക്ഷേ പെട്ടത്തങ്ങ് നടക്കും അതിനേക്കാളും പ്രയാസമുള്ള കാര്യം തിരിഞ്ഞ് പത്തുപടി പുറകോട്ട് അത് തിരിഞ്ഞു പോകുന്നതാണ് അതാണ് ആ അടയാളം മതിയെന്ന് പറഞ്ഞു ദൈവം അത് അനുവദിച്ചു അങ്ങനെ ഭൂമി എന്ത് ചെയ്തു ഭൂമി പത്ത് ഡിഗ്രി പുറകോട്ട് തിരിഞ്ഞു ഞാനിതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഏർ ഈ ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഏതാണ്ട് ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു ഒരു ദിവസവും പത്ത് ഡിഗ്രിയും ഇതിന് എന്തോ ഒരു നിശ്ചലാവസ്ഥയുണ്ടായി എന്നവർക്ക് മനസ്സിലായി അപ്പോൾ അവരുടെ കൂട്ടത്തില് ബൈബിൾ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ ശാസ്ത്രജ്ഞൻ ഇവരുടെ ശ്രദ്ധ ആദ്യം യോശിയുടെ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നു അയ്യാലോൻ താഴ്വരയിൽ ഒരു ദിവസം മുഴുവൻ ഭൂമി ഭ്രമണമില്ലാതെ നിന്ന കാര്യം കൊണ്ടുവന്നു അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് ഈ രംഗം രണ്ട് രാജാക്കന്മാരിലെ ഈ രംഗം ഭൂമി ഭ്രമണം ചെയ്ത് മുന്നോട്ടു പോയി പക്ഷേ അതിനെ പത്ത് ഡിഗ്രി പുറകോട്ട് തിരിച്ച ഈ രംഗവും ചേർത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ കണക്കുകൾ കൂട്ടി നോക്കിയപ്പോൾ വളരെ കൃത്യമായിരുന്നു ഇതിങ്ങനെ തന്നെ ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് ദൈവചനത്തെ ശരിവയ്ക്കുന്നു എന്നൊക്കെ നേരത്തെ വായിച്ചത് ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇസ്കിയാവിൻ്റെ കാലത്ത് അങ്ങനെ ഒരു കാര്യം നടന്നു ഇത് നമ്മൾ അയ്യലവൻ താഴ്വരയിൽ സംഭവിച്ച ഭൂമി നിശ്ചലമായി നിന്ന് ആ രംഗത്ത് നിന്ന് ചേർത്താണ് ഭൂമിയുടെ ഭ്രമണത്തിൽ ഒരു മാറ്റം ഉണ്ടായ മറ്റൊരു രംഗം ബൈബിളിൽ നിന്ന് നമ്മൾ വായിച്ചത് ഈ ചരിത്രത്തിൽ നിന്ന് ഈ രണ്ട് ഇസ്കിയാവിൻ്റെ ചരിത്രത്തിലെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കാവുന്ന ചിന്ത എന്താ ദൈവത്തിനായിട്ട് പൂർണ്ണ മനസ്കനായിട്ട് നിന്ന് ഇസ്കിയാവിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിച്ചു ദൈവം മാനിച്ചു ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഇന്ന് ദൈവത്തെ ഒരളവില് ദൈവം തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പലരും ഇന്ന് ക്രിസ്തീയ ലോകത്ത് പറയുമ്പോൾ തങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിക്കാനുള്ള ഒരാളായിട്ടാണ് കാണുന്നത് എന്നാൽ ആ നിലയിലല്ല നമ്മള് ദൈവമക്കളായ നമ്മളെ ദൈവത്തെ കാണുന്നത് ദൈവം നമ്മുടെ പിതാവാണ് അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും നമ്മുടെ ന്യായമായ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ കണ്ണുനീര് കാണും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഈ കടന്നു പോകുമ്പോൾ ഇതാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ജാതികളെ പോലെ നമുക്ക് പരിഭ്രമം ഇല്ലാത്തത് നമുക്കതുകൊണ്ട് ധൈര്യത്തോടെ ഈസ്ക്യാവിൻ്റെ ജീവിതത്തിൽ ഈ സൂപ്പർ നാച്ചുറലായ പ്രപഞ്ച നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ഈ പ്രവർത്തനത്തെ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടാനും ദൈവത്തെ ഈ ദിവസങ്ങളിൽ കൂടുതൽ ആശ്രയിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവം പാ കണ്ണീരൊഴുക്കാനും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ചവിട്ടുപടിയായിട്ട് ഈ രംഗങ്ങളെ ബൈബിളിലെ പഴയ നിയമത്തിലെ നമ്മൾ നേരത്തെ അത്ര ശ്രദ്ധിക്കാത്ത ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു പിതാവുണ്ട് ആ പിതാവ് തൻ്റെ മക്കളാണ് നമ്മൾ നമ്മളെ അവിടുന്ന് സ്നേഹത്തോടെ നോക്കുന്നു നമ്മളെ അവിടുന്ന് സംരക്ഷിക്കും അവിടുന്ന് നമ്മുടെ കൂടെയിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അവിടുത്തേക്ക് അറിയാം അവിടുന്ന് നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല എന്നുള്ള വലിയ പ്രത്യാശയിൽ നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവരാൻ ദൈവം നമ്മെ സഹായിക്കും പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഇസ്കാവിൻ്റെ ജീവിതത്തിലെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് ഭൂമിയുടെ ഭ്രമണത്തെ അയ്യലോൻ താഴ്വരയിൽ ദൈവം നിർത്തിവെച്ചതുപോലെ തന്നെ പത്ത് പടി പുറകോട്ട് കൊണ്ടുവന്ന രംഗമാണല്ലോ നമ്മൾ പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള അധ്യായം രണ്ട് രാജാക്കന്മാർ ഇരുപതിൽ നിന്നാണ് നമ്മൾ ഈ ഭാഗം വായിച്ചത് യശയ്യാവിൻ്റെ പുസ്തകത്തിലും അതിൻ്റെ മുപ്പതാം അധ്യായത്തിലും യശയാവ് മുപ്പത്തി എട്ടാം അധ്യായത്തിലും ഒക്കെ നമ്മൾ ഈ ഭാഗം തന്നെ കാണുന്നുണ്ട് ഗുസ്കിയാവ് ആ നിലയിൽ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നൊക്കെ താൻ പാടുന്നതിനെ കുറിച്ചൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ രംഗം തന്നെ യശയ്യാവിൻ്റെ പുസ്തകത്തിലും ഈശയ്യാവും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മള് ഇസ്കിയാവിന്റെ ഈ ചരിത്രം നമ്മൾ ഇവിടെ ഇരുപതാമത്തെ അധ്യായത്തിൽ രണ്ട് രാജാക്കന്മാർ ഇരുപതിൽ പഠിച്ചപ്പോൾ അതിൻ്റെ പത്തൊൻപതിൽ ദൈവം ഇസ്കിയ രാജാവിന് നേരത്തെ നമ്മൾ ചില രാജാക്കന്മാരോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചതുപോലെ തന്നെ ദൈവം ആ അവൻ്റെ നേരെ ദൈവം അത്ഭുതമായിട്ട് അവനെ ഒരു യുദ്ധത്തിൽ ജയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പത്തൊൻപതാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എഫ് എ സി കൈദ്യലേഖനം അതിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് അശൂർ രാജാവായ സൻഹരിബ് ഹിസ്കിയാവിനെതിരെ വലിയ യുദ്ധത്തിന് വന്നു അവനെ ഭീഷണിപ്പെടുത്തി ഹിസ്ക്യാവ് എന്ത് ചെയ്തു ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞു സൻഹരീബ് കൊടുത്ത ആ നിലയിലുള്ള ഭീഷണിക്കത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വായിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് അപ്പൊ യശയാവ് ഒന്നവനെ ധൈര്യപ്പെടുത്തി നീ ഒന്നും ചെയ്യണ്ട നീ നിന്നെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്നെല്ലാം ദൈവത്തിൻ്റെ ആ ധൈര്യപ്പെടുത്തുന്ന വചനം ഹിസ്കിയാവിന് കിട്ടി ഫലം എന്താണ് ഹിസ്കിയാവ് ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം അശൂർ രാജാവിനെ തോൽപ്പിക്കുന്നത് നമ്മൾ പത്തൊൻപതിൻ്റെ മുപ്പത്തഞ്ചിൽ കാണുന്നു എങ്ങനെയാണത് അന്ന് രാത്രി യഹോവയുടെ ഒരു ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ കൊന്നു രാവിലെ ജനമെണ്ണേറ്റപ്പോൾ ഇത്രയും പേര് തൻ്റെ പടയാളികൾ ഒരു അങ്ങനെ ശവങ്ങളായിട്ട് കിടക്കുന്നത് കണ്ട് അശൂർ രാജാവ് തോറ്റ് താന് തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇസ്കിയാവ് ഒരു ഒരു വാള് കൊണ്ട് ഒരു വെട്ടുപോലും നടത്താതെ തന്നെ ആ യുദ്ധം ജയിച്ചതാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭാഗം വായിച്ചത് ദൈവം ഇസ്കിയാവിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ യുദ്ധങ്ങളും ജയിച്ചു കൊടുത്തവനാണ് നമ്മളിതൊക്കെ എന്തിനാണ് വായിക്കുന്നത് നമ്മൾ ശത്രുക്കളെ ഹിസ്കിയാവിൻ്റെ മുമ്പാകെ തോൽപ്പിച്ചതിനെ നമ്മൾ വായിക്കുമ്പം ദൈവം നമ്മുടെ ശത്രുക്കളെയൊക്കെ നമ്മളൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്ന ശത്രുക്കളെന്ന് കാണുന്ന ചിലരെയൊക്കെ ദൈവം തോൽപ്പിച്ച് നമ്മളെ അവരുടെ മുമ്പാകെ ജയോത്സവമായി നടത്തും എന്നൊക്കെ ചിലപ്പം വിശ്വാസലോകത്തൊക്കെ പലരും പറയാറുണ്ടല്ലോ നമ്മൾ ഹിസ്കിയാവിൻ്റെ ശത്രുക്കൾ അശുർ രാജാവിൻ്റെ പടയാളികളെ ഒരു ദൂതൻ വന്ന് ഒറ്റ രാത്രി കൊണ്ട് ഒരു പേരെ സംഹരിച്ച ഈ കാര്യമൊക്കെ നമ്മൾ ഏത് നിലയിലാണ് എടുക്കേണ്ടത് കഴിഞ്ഞൊരു ദിവസം നമ്മൾ ശ്രദ്ധിച്ചല്ലോ ദൈവജനത്തിൽ നിന്ന് ശ്രദ്ധിച്ചു നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല നമുക്കാരും ഒരളവിലെ ശത്രുക്കളില്ല നമുക്ക് ഹിസ്കിയാവിന് അശൂർ രാജാവിൻ ശത്രുവായിരുന്ന പോലെ നമുക്കങ്ങനെ ഒരു ശത്രുവില്ല നമ്മുടെ ശത്രുക്കൾ പിന്നെ ആരാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ നം നമ്മുടെ ജീവിതത്തിൽ ദൈവം പോലെ മുന്നോട്ട് വരാൻ കഴിയാത്ത നമ്മുടേതായ തെറ്റായ ആ നിലയിലുള്ള പല മനോഭാവങ്ങളാണ് നമ്മുടെ കയ്പ്പ് കോപം അസൂയ മറ്റുള്ളവരോടുള്ള ഈർഷ്യ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് സത്യത്തിൽ നമ്മുടെ ശത്രുക്കൾ ഇവിടെ അശുർ രാജാവിനെ ഇസ്കിയാവ് ജയിച്ചു എന്നുള്ള ഭാഗത്തെ നമ്മൾ അതുകൊണ്ട് എടുക്കുമ്പോൾ ദൈവം ഇന്ന് നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊരു പോരാട്ടത്തിലാണ് ഈ പോരാട്ടത്തിൽ നമ്മൾക്കെതിരായിട്ടുള്ള നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണ് ഓ നമ്മുടെ ജീവിതത്തിൽ തന്നെ തെറ്റായ മനോഭാവങ്ങളാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആ നിലയിലുള്ള സ്വഭാവങ്ങളാണ് അതൊക്കെയും ആ ശത്രുക്കളെയൊക്കെ തോൽപ്പിക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം ഒരുപക്ഷെ നമ്മുടെ ശക്തി കൊണ്ട് അതിനെ തോൽപ്പിക്കാനൊക്കെ ഇല്ല ഇസ്കിയ രാജാവിൻ്റെ ശക്തി കൊണ്ട് അശുർ രാജാവിൻ്റെ ഒരു പേരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ദൈവം എന്ത് ദൂതനെ അയച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് അത്രയും പേരെ സംഹരിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ആ നിലയിലുള്ള തെറ്റായ കാര്യങ്ങളെ ദൈവം തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ തീയച്ച് അതിനെയൊക്കെ സംഹരിക്കും നമുക്ക് വളരെ വേഗത്തിൽ എഫേ സർ കെഴുതിയ ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ നാലാമധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ നോക്കാം നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ദൈവത്തിന് വരുന്ന ചില കാര്യങ്ങളവിടെ കാണുന്നത് എല്ലാ കൈപ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്നിട്ട് എന്ത് വേണം നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയവും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി അഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്യം കൂടെ ചേർത്ത് നമുക്കങ്ങനെ വായിക്കാം അപ്പോ എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ എഫ് ജീവിതത്തിൽ ഉള്ളത് കൈപ്പ് കോപം ക്രോധം കുറ്റാരം കുറ്റാരമെന്ന് പറഞ്ഞാൽ എന്താ കുറ്റാരമെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന ആരവാരങ്ങളാണ് ഇതിന് തുല്യമായിട്ട് അപ്പോസിലെ പ്രവർത്തി ഇരുപത്തി മൂന്നാമത്തെ അപ്പോസലിനായ പൗലോസിനെതിരെ അന്ന് പരീശന്മാരും ഒക്കെ ഇരുപത്തി മൂന്നിൻ്റെ ഒൻപതിൽ നടത്തിയ കൂട്ടനിലവിളിയെ അവിടെയും കുറ്റാരം അതേ വാക്ക് തന്നെയാണ് നമ്മളെ മൂലഭാഷയിൽ കാണുന്നത് ചുരുക്കത്തിൽ കയ്പ്പ് എന്താണെന്ന് നമുക്കറിയാം കോപം എന്താണെന്നറിയാം ക്രോധം എന്താണെന്നറിയാം കുറ്റാരമെന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കെതിരെയുള്ള നമ്മുടെ കുറ്റപ്പെടുത്തുന്ന ആരവങ്ങളാണ് എന്ന് പറയാം അതുപോലെ ദൂഷണം സ്ലാൻഡർ ഇതെല്ലാം സകല ദുർഗണവുമായി ഈ ഓൾ വിത്ത് ഓൾ മാലിസ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം എന്നാണ് അവിടെ പറയുന്നത് അതുപോലെ തന്നെ ആരോടെങ്കിലും ക്ഷമിക്കാത്ത മനോഭാവം ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി അപ്പൊ പിതാവായ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ ആളുകളോട് ക്ഷമിക്കണം ഇന്ന് നമ്മൾ വീടുകളിലിരിക്കുമ്പം നമുക്ക് ആരോടെങ്കിലും കൈപ്പോ കോപമോ ക്രോധമോ കുറ്റാരമോ ദൂഷണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകട്ടെ അതൊക്കെ മാറിപ്പോകട്ടെ അതൊക്കെ മാറിപ്പോവുക മാത്രമല്ല ക്ഷമിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ ആ കാര്യം ക്ഷമിക്കാനും വിട്ടുകളയാനും അത് ആ അവർക്കെതിരെ ഒരു കാര്യമായിട്ട് പിടിക്കാതെ അതെന്നേക്കുമായിട്ട് ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം ദൈവം പിതാവ് ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതെത്ര വലിയൊരു നിലവാരമാണ് കൊലോസിയർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന കർത്താവായി യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വീൻ എന്നാണ് കണ്ടോ അപ്പോൾ അവിടെ നമ്മളാദ്യം വായിച്ചെടുത്ത് പിതാവ് ക്ഷമിച്ചു ഇവിടെ പുത്രൻ ക്ഷമിച്ചു നമ്മൾ വീണ്ടും എഫ് എസ് ലേഖനം നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കയ്പ്പും കോപവും ക്രോധവും എല്ലാം വിട്ടുപോകണമെന്നും ക്ഷമിക്കണമെന്നും ഒക്കെ പറഞ്ഞേക്കുന്നത് അപ്പം പരിശുദ്ധാത്മാവും അവിടെ വരുന്നുണ്ട് തൃത്വം മുഴുവൻ അവിടെ വരുന്നുണ്ട് പിതാവ് വന്നു പിതാവ് ക്ഷമിച്ചു പുത്രൻ ക്ഷമിച്ചു പരിശുദ്ധാത്മാവും അവിടെ വന്നു അപ്പം ത്രിയേക ദൈവം അതിലെ എല്ലാ ഘടകങ്ങളും ക്ഷമയുടെ ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളോടും പറയുന്നു നമ്മളും ക്ഷമിക്കണം ക്ഷമിക്കണം എന്നാ പറഞ്ഞിട്ട് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ആകയാൽ പ്രിയ മക്കൾ ദൈവത്തെ അനുകരിപ്പി നമ്മൾ ദൈവം നമ്മുടെ പിതാവാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവിടുത്തെ പ്രിയ നമ്മൾ ദൈവം നമ്മുടെ പ്രിയ പിതാവാണ് ആ പ്രിയ പിതാവിനെ പ്രിയ അനുകരിക്കണം ഇമിറ്റേറ്റ് ചെയ്യണം ഏത് കാര്യത്തിൽ ഓ നാലിൻ്റെ മുപ്പത്തിരണ്ടിൽ ക്ഷമയുടെ കാര്യത്തിൽ നമുക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീടുകളിൽ നമ്മളോട് സംസാരിക്കട്ടെ നമുക്ക് വേറെ ശത്രുക്കളില്ല നമ്മുടെ ശത്രുക്കൾ നമ്മുടെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണുന്ന കയ്പും കോപവും ക്ഷമിക്കാത്ത മനോഭാവവും ദൂഷണവും ഒക്കെയാണ് അതിനെതിരെ നമുക്കൊരു യുദ്ധം പ്രഖ്യാപിക്കാം നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല നമുക്ക് ആ നിലയിലെ സാത്താൻ്റെ ശക്തികളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ജഡരക്തങ്ങളോട് പോരാടാതെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾക്കെതിരെ നമുക്ക് യുദ്ധം പ്രഖ്യാപിക്കാം അങ്ങനെ നമ്മൾ അതിന് മനസ്സുള്ളവരാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ അയ്യാലോൻ താഴ്വരയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതെന്താ അയ്യാലോൻ താഴ്വര ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രപഞ്ചശക്തികളെപ്പോലും നിയന്ത്രിക്കുന്നതിൻ്റെ ചിത്രമാണ് തുടർന്ന് നമ്മൾ ഹിസ്ക്യാവിൻ്റെ ചരിത്രത്തിലും ദൈവം പ്രപഞ്ചശക്തികളെ തൻ്റെ മകൻ്റെ കണ്ണുനീരിനു മുമ്പിൽ ക്രമീകരിച്ചത് നമ്മളെ വായിച്ചു നമ്മളും ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും അതുപോലെ തന്നെ അശൂർ പടയാളികളിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് തൻ്റെ ദൂതനെ അയച്ച് രക്ഷിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കയ്പ്പും കോപവും ആ മറ്റാളുകളോടുള്ള ക്ഷമിക്കാത്ത മനോഭാവവും എല്ലാം നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുക ദൈവം തന്നെ അത് മാറ്റിത്തരും മാറ്റിത്തരാനായിട്ട് നമുക്ക് മനസ്സ് വേണം പ്രിയ മക്കൾ നമുക്ക് ദൈവത്തെ അനുകരിക്കാം ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ അയ്യാലവൻ താഴ്വര അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്കതിൻ്റെ പ്രയോജനങ്ങളെ എടുക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആണ്